അതു അള്ളാഹുസുബഹാനുഹുവച്ച ആല തന്റെ അനുഗ്രഹത്തിൽ നിന്ന് ചിലർക്ക് നൽകിയതിനെ അവർ അസൂയപ്പെടുന്നുവോ തീർച്ചയായും ഇബ്രാഹീം അലിഹിസ്സലാമിന്റെ കുടുംബത്തിന് നാം വേദഗ്രന്ഥവും ജ്ഞാനവും നൽകിയിട്ടുണ്ട് അവർക്ക് മഹത്തായൊരു ഭരണാധികാരവും നാം നൽകിയിട്ടുണ്ട്